വിളിക്കണത് താൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇതൊക്കെ ഇന്ന് എന്റെ മുമ്പിൽ തിളങ്ങി നിൽക്കണോ നാളെ ഒന്നും ഉണ്ടാവില്ല അനുഭവിക്കുമ്പോ സുഖം ഉണ്ടാവും അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയാണാം ജരയന്തി തേജഹ എനർജി മുഴുവൻ പോയി സർവേന്ദ്രിയാണാം ജരയന്തി തേജഹ ഇനിയിപ്പോ താൻ എത്ര ആയുസ് തന്നാലൊന്നും തൃപ്തിയാവില്ല അവി സർവം ജീവിതമൽപ്പമേവ് നാളേക്ക് നിലനിൽക്കാത്തത് ഇതൊന്നും എനിക്ക് വേണ്ട എന്തൊക്കെ തന്നെ സുഖഭോഗ സാമഗ്രികളാണെങ്കിൽ കുറെ കഴിയുമ്പോ ഒക്കെ വിരസമായി പോകും അത് മറ്റൊരു പ്രതിഭാസമാണ് ഈ ഉള്ളിലുള്ള ആളുണ്ടല്ലോ സർവവികൽപ്പ സംഹാരിയാണോ എല്ലാവരുടെ ഉള്ളിലും ഈ ഫിനോമിനൻ ഉണ്ട് ഞാനത് നല്ലവണ്ണം ഇതൊക്കെ ഓരോന്നും പരീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയണത് എത്ര സുന്ദരമായി സുഖിക്കുന്ന വസ്തുവാണെങ്കിലും ചെറിയ കുട്ടികൾ ചില കുട്ടികൾ വളരെ സന്തോഷമായി ആനന്ദമായിട്ട് കളിച്ച് രസിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ പോലും ചിലർ പറയാം കുട്ടിയെ കാണണം ആ ലാളിക്കണം ഒക്കെ പറഞ്ഞാലും അതുമൊക്കെ ലാളിച്ചും ഒക്കെ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് മാറ്റിവെക്കും എന്തു പറ്റി ഏറ്റവും സുഖമായ വസ്തുക്കൾ അനുഭവിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ കുറെ നേരം അതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്താ ഉള്ളിലുള്ള ആള് പുറത്തുള്ള വസ്തുക്കളെ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അദ്ദേഹം നീക്കിക്കിടുന്നു വികൽപ്പ അസഹിഷ്ണുഹാണ് രണ്ടാമതൊന്നിനെ സഹിക്കില്ല വെച്ച് ഇരുത്തിപ്പുറപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ഭോഗസാമഗ്രികൾ മുമ്പിലുണ്ടെങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് ആകർഷണം തോന്നുന്നുണ്ടെങ്കിലും കുറെ കഴിഞ്ഞാൽ ഏറ്റവും ആകർഷകമായ ഭോഗവസ്തു പോലും മനുഷ്യന് മതിയും തോന്നും വെറുത്തു പോവും ഇതിനുവേണ്ടിയാണോ നമ്മൾ ജീവിക്കണമെന്ന് തോന്നുന്നു പക്ഷെ എന്താ മരുമരീചിക പോലെ ഇതിനു വിട്ട് വേറെ ഒന്നിന് പുറകോടും ഇത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും എന്തിനെയോ അന്വേഷിക്കുകയാണ് നേതം നേതം നേതം എന്ന് പറഞ്ഞു എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും അവസാനം ഈ മനുഷ്യൻ ഇവൻ ചത്തുപോകും ഭാഗവതത്തില് ഒമ്പതാമത്തെ സ്കന്ധത്തില് ഒരുപാട് രാജാക്കന്മാരുടെ കഥ പറഞ്ഞു എന്തിനാ ഇത്രയധികം രാജാക്കന്മാരുടെ കഥ പറയണത് എന്ന് തോന്നും നമുക്ക് ഈ ശ്രീ സുഖബ്രഹ്മ മഹർഷിയും ഈ വി ഐ പി സ്റ്റോറീസ് മാത്രം എന്തിനായി പറയണത് രാജാക്കന്മാര് ഇവരൊക്കെ വി ഐ പിസ് അല്ലേ അവരുടെ കഥകൾ മാത്രം എന്തിനായി ഇങ്ങനെ പറഞ്ഞാന്ന് തോന്നും അതിന് പറയണത് ഇവരും ഒക്കെ ചത്തുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇത്രയും വലിയ ചക്രവർത്തികള് ഇത്രയും വലിയ നേടിയെടുത്തവര് അല്ലേ മനുഷ്യൻ ഏറ്റവും ഭ്രമമാണ് ഈ പേരും പ്രസിദ്ധിയും അതും പ്രത്യേകിച്ച് അധ്യാത്മലോകത്തിലുള്ള അത്രയും ഈ പേരും പ്രസിദ്ധിക്കുള്ള ആർത്തി വേറെ ആർക്കുമില്ല ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും പോവില്ല പേടിക്കണ്ട ഇവിടെ വന്നാലും ഈ മോഹം ബാക്കി നിൽക്കും ഇതിലും ഇനിയും പ്രസിദ്ധമാവണമെന്ന് ഒന്നും കാര്യമില്ല എന്നുള്ളത് വിവേകം പ്രവർത്തിക്കുകയല്ല അതാണ് അഘടിിത ഘട്ടന പടിയസി മായ എന്ന് പറയണം ഈ മായ ഇങ്ങനെ കളിപ്പിക്കും നമ്മളെ അപ്പൊ ഇതൊക്കെ ഭാഗവതത്തിൽ വൗമസ്കന്ധത്തിൽ രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞ് ഇയാളുടെ മകൻ അയാളുടെ മകന് എന്നൊക്കെ പറഞ്ഞ് ഇവരും ഒക്കെ ചത്തുപോയിരുന്നു തതസ്തത്സുത തതത്തത്സുത തത ഭാഗവത തീവണ്ടി എന്നാണ് പറയാറ് അവരൊക്കെ പോയി ഈ രാജാക്കന്മാരൊക്കെ പോയി എത്രയോ എത്രയോ വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ പോയി മുഗൾ ചക്രവർത്തിമാരുടെ മുഴുവൻ കഥ ജയിലിലാണ് അവസാനം ഒന്ന് രണ്ടു പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ജയിലിലാണ് മരിച്ചിരിക്കുന്നത് വലിയ വലിയ ചക്രവർത്തിമാര് എന്താന്ന് അവരുടെ മക്കൾക്ക് മതിയായി അച്ഛൻ മരിക്കണേയില്ല ഇദ്ദേഹം സിംഹാസനത്തിന് ഇറങ്ങണമില്ല ഞാനെപ്പോ ഇരിക്കും അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു ഇതാണ് വലിയ വലിയ അഭിമാനത്തിന്റെ പദവിയിലിരുന്ന ആളുകളൊക്കെ നേടിയെടുത്തത് ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യന് വൈരാഗ്യം വരണം വൈരാഗ്യം സമ്പാദിക്കും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിട്ടറിഞ്ഞു പോവലല്ല ബോധപൂർവം മനസ്സിലാക്കി അതിന്റെ മോഹം തീരലാണ് വൈരാഗ്യം അപ്പൊ ഇവിടെ പുറത്തൊന്ന് നേടിയെടുക്കാം എന്തൊക്കെ നേടിയെടുത്താലും ഈ മൃത്യുവും വ്യാധിയും നമ്മളുടെ മുമ്പിലെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം വാർദ്ധക്യം മൃത്യു വ്യാധി നമ്മളുടെ മുമ്പിലെ നിൽക്കണത്തോളം കാലം നമ്മൾക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തിയില്ല ഇതെപ്പ ഇല്ലാതാവും ഈ വാർധക്യവും മൃത്യുവും ആരെങ്കിലും ഇല്ലാതായവരുണ്ടോ അങ്ങനെ ഇല്ലാതാവോ അങ്ങനെ ഇല്ലാതാവില്ലെങ്കിൽ ഈ ഗീതയും ഉപനിഷത്തും ഭാഗവതമൊക്കെ മടക്കി വെച്ചിട്ട് ഇരിക്കുന്നതാണ് ഭേദം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ബിസിനസ് മാനേജ്മെന്റിനും ഇതിന്റെ ആവശ്യമൊന്നും വേണ്ട കുറച്ച് മെടുക്കുമതി ഇതാവും എന്ന് പറയണത് കൊണ്ട് മാത്രമാണ് ബാക്കിയൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതിലേക്ക് വരണത് അതാവുമെന്ന് സാധിച്ചവരോണ്ട് മഹാത്മാക്കളൊക്കെ പ്രാപിച്ചവരൊക്കെ വിളിച്ചു പറഞ്ഞതും അതാണ് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേ ധാമാനി ദിവ്യാനിത വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്ഥ അമൃതസ്യ പുത്രാഹ മരണമില്ലായ്മ നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടുമെന്ന് വിളിച്ചു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ശ്രുതി തന്നെ അത് പറഞ്ഞുകൊണ്ടുവന്നിട്ട് പറഞ്ഞു ദേഹമുള്ളത്തോളം അത് നടക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വരെ കൊണ്ടുവന്ന് അശരീരം വാവ സന്തം പ്രിയാപ്രിയെ സ്പൃശത ശരീരത്തോടുകൂടെ ഇരിക്കുമ്പോ ഒരിക്കലും മൃത്യുവിനെയോ വ്യാധിയെയോ മറികടക്കാനുള്ള ഒരു സൂത്രപ്പണി ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ആർദ്ധക്യത്തിനെയോ ആദ്യം ഒരു ഒരു കോർണറിംഗ് എന്ന് പറയുമല്ലോ ഒരു മുക്കിൽ കൊണ്ടുപോയി നിർത്തുക അങ്ങോട്ടും ഇങ്ങോട്ടാണ് അതുപോലെയാണ് ഇപ്പൊ ചെയ്യാൻ പോണത് ഞാൻ ശരീരത്തോടുകൂടെ വാർദ്ധക്യത്തിനെയോ മൃത്യുവിനെയോ വ്യാധിയെയോ ഇല്ലാതാക്കാനുള്ള ഒരു സൂത്രം ഒരു ടെക്നിക്ക് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എല്ലാം കണ്ടുപിടിച്ചതൊക്കെ വരാതെയാണ് ഒരു വ്യാധിയെ മാറ്റിയാൽ മറ്റൊരു വ്യാധി വരണോ പന്നിപ്പനി എലിപ്പനി പൂവൂച്ചപ്പനി ഒക്കെ എന്തൊക്കെയോ വരണോ വാർദ്ധക്യം വരുന്നു ഈ മൂന്നും ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം നമുക്ക് രക്ഷയില്ല അപ്പൊ നമ്മൾ അവസാനം കാണുന്നത് എന്താ ശരീരത്തോടുകൂടെ ഇരിക്കുമ്പോ നമുക്ക് സ്വതന്ത്രരാവാൻ പറ്റില്ല ശരീരത്തോടുകൂടെ ഇരിക്കുമ്പോ നമുക്ക് മുക്തരാവാനും സാധിക്കില്ല നമ്മൾ ബന്ധത്തിലാണ് എല്ലാവരും ഒരുപോലെയാണ് അപ്പൊ ശരീരം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടോ അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭും ആത്മാനം അത്വാ ധീരോ നശോച ആത്മാവിന് ശരീരം സംബന്ധമില്ലാത്തതായി അറിഞ്ഞു കഴിഞ്ഞാൽ ധീരൻ ഈ ദുഃഖത്തുനിന്ന് അന്യ കടന്നു പോകും എന്നാണ് കഠോപനിഷത്തിലെ യമൻ ചികേതസ്സിനോട് പറഞ്ഞത് കുട്ടി നീ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ശരീരമില്ലെന്ന് നീ അറിയും മറ്റുള്ളവർ നിന്റെ ശരീരത്തിനെ കാണും അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റു എനിക്ക് ശരീരമില്ല ബാക്കിയുള്ളവർ കാണുന്നു ബാക്കിയുള്ളവർ ഞാൻ എഴുന്നേക്കണതായിട്ടും കാപ്പി കുടിക്കണതായിട്ടും കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരീരമില്ലാതെ ഇരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ഭാവന ചെയ്ത് നോക്കൂ ജീവൻ മുക്തി എന്ന് പറയുന്നത് എന്തെങ്കിലേ അധ്യാത്മ അന്വേഷണത്തിനൊക്കെ പ്രയോജനമുള്ളൂ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ പൂർണ്ണത നേടിയെടുക്കാൻ പറ്റുമെന്ന് ഋഷികൾ ഒരു വശത്ത് പറയണു അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എത്ര തന്നെ ഞാൻ യുക്തി പറഞ്ഞാലും നിങ്ങൾക്ക് ബോധിക്കില്ല എന്തൊക്കെ ലോജിക് പറഞ്ഞാലും നിങ്ങൾക്ക് ബോധിക്കില്ല രണ്ടു വഴിയേ ഉള്ളൂ അതിന് ഒന്ന് ആ സ്ഥിതിയിലിരിക്കുന്ന മഹാത്മാക്കളെ കാണുമ്പോ കാണുന്ന ക്ഷണത്തിൽ ബോധിക്കും അതെങ്ങനെയാ ആ സൂത്രം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ബോധിക്കും ഒന്ന് രണ്ട് ഒരു സമ്പ്രദായത്തിലൊരു മാർഗം ഉണ്ട് എല്ലാവർക്കും ബോധിക്കണം ഇന്ന് രാവിലെ അതാണോ പറഞ്ഞത് ഇന്ന് രാവിലെ പറഞ്ഞത് അതാണ് രാവിലെ വരാത്തവരാണ് മാക്സിമം ഇവിടെ ഉള്ളവർ അതുകൊണ്ട് അതിനെ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞുകൊണ്ടുവേണം ഈ വിഷയത്തിലേക്ക് കിടക്കാൻ നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നേടിയെടുക്കേണ്ടതല്ലെന്നും എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണെന്നും അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സംതൃപ്തിയാകുമെന്നൊക്കെയാണല്ലോ പ്രതിജ്ഞ ചെയ്തത് അതിനെക്കുറിച്ചാണിപ്പോ പറയണത് എല്ലാവർക്കും സത്യം എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതായിരിക്കണം സുലഭമായിരിക്കണം നമ്മൾ ആദ്യമായി പറഞ്ഞു പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതല്ല എന്നും പറഞ്ഞു വേണ്ട വിധത്തിൽ കേട്ടാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു ശരീര സംബന്ധമില്ലാത്തതായ ഒരു അനുഭവം നമ്മൾക്ക് എവിടെയെങ്കിലും ഉണ്ടാവണുണ്ടോ എല്ലാവർക്കും സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിൽ സുഷുപ്തി എന്ന് പറയണ ആ സ്റ്റേറ്റ് അത് പറഞ്ഞിട്ട് വേണം നമ്മള് ഇതിലേക്ക് കടക്കാൻ സുഖമായി ഉറങ്ങുന്ന സുഷുപ്തിയിൽ ആരും ഉറങ്ങ ഉറങ്ങാത്തവരില്ല എല്ലാവർക്കും അനുഭവമാണ് സുഷുപ്തിയില് ദേഹമില്ല മനസ്സില്ല ബുദ്ധിയില്ല നമ്മളുടെ വ്യക്തിത്വമില്ല ഞാൻ ഇന്നവൻ എന്നുള്ള ഒരാളില്ല ഒന്നും നേടിയെടുക്കാനുള്ള വ്യഗ്രതയില്ല എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് പറയണു സുഖമായിട്ടിരുന്നു യാതൊന്നും അറിഞ്ഞില്ല ഇതാണ് സ്റ്റേറ്റ്മെന്റ് സുഖമഹാമസ്വാപ്സം നക്കിഞ്ചിതവേദിഷം ഇനിയിപ്പോ ആ അവസ്ഥയെ നമ്മൾ ദിവസം ഉറങ്ങണതാണല്ലോ അതിലിപ്പോ എന്താ കാര്യമായിട്ടുള്ളത് എന്ന അവജ്ഞയോടെ കാണാതെ പുതിയതായിട്ട് കാണുന്ന പോലെ കാണണം ഇന്ന് രാവിലെ കേട്ടവരോടും പറയണം രാവിലെ കേട്ടതാണെന്ന് പറഞ്ഞ് കേൾക്കാതെ പുതിയതായിട്ട് കേൾക്കണം രാവിലെ കേട്ടതാണെന്ന് പറഞ്ഞ് കേൾക്കാതെ പുതിയതായിട്ട് കേൾക്കണം നിധി ഇരണ്യനിധി സ്വർണം കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ കൂടെ അങ്ങടും ഇങ്ങടും നടന്നിട്ട് ഉള്ളിൽ സ്വർണ്ണമുണ്ടെന്നറിയാത്ത ആളുകളെ പോലെ ദിവസവും നമ്മൾ ഈ അവസ്ഥയിലേക്ക് കടക്കുകയും പുറത്തു വരികയും ചെയ്യണു ന വിദുഹു ശ്രുതി തന്നെ പറഞ്ഞത് അറിയണില്ല അവർക്കെന്നാണ് അക്ഷേത്രജ്ഞാഹാന ആ സുഷുപ്തി എന്നുള്ള അവസ്ഥയിലേക്ക് പോണേണ്ട സ്വപ്നമില്ലാത്ത ഉറക്കം യേശോസ്യ പരമോ ആനന്ദ എന്നാണ് ശ്രുതി ഇത് ഇവന്റെ പരമമായ ആനന്ദസ്ഥാനമാണെന്ന് ആത്മാവ് സമ്പൂർണ്ണമായി പ്രകാശിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് സുഷുപ്തി പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും എല്ലാവർക്കും ആത്മാവായി മാത്രം നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വമപീതോഭവതി സ്വപിതീതി നാമ എല്ലാരും ൊന്നിനെ ചൈതന്യമെന്നും ബ്രഹ്മമെന്നും ഭഗവാനെന്നും നിർവാണമെന്നും പൂർണ്ണസ്വരൂപമെന്നും ഒക്കെ പറയണോ ആ അവസ്ഥയിൽ അതുമാത്രമായി അതിൽ നിന്ന് അന്യമായ ഒന്നുമില്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ സുഷുപ്തി എന്ന് പറയണത് അതുകൊണ്ടാണ് ആദിശങ്കരൻ സുഷുപ്തീക സിദ്ധസ്തദേഗോവശിഷ്ട ശിവക്കേവലോഹം എന്ന് പറഞ്ഞു ദ്യത്തെ പ്രതിജ്ഞ ഉപനിഷത്ത് മുഴുവൻ ഈ ഉപനി സുഷുപ്തി അവസ്ഥയെ വെച്ചുകൊണ്ടാണോ ഉണ്ടായ സമാധി എന്നുള്ള വാക്കുപോലെ എവിടെയും കാണുന്നില്ല യോഗഗ്രന്ഥങ്ങളിലാണ് കാണുന്നത് സുഷുപ്തിയെ വേണ്ട വിധത്തിൽ അറിഞ്ഞവന് ജ്ഞാനസമാധി ഉണ്ടാവും അത് കാര്യം വരാം അത് പിന്നെ പറയാം ഇപ്പൊ നമ്മളെ സുഷുപ്തി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പറയണത് എന്താ രുന്നു ആ സുഖം സാധാരണ സുഖമേ അല്ല പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും അസാമാന്യ ഒരു സുഖം അനുഭവിച്ചൊന്നും തോന്നണില്ലല്ലോ എന്ന് നമ്മൾ പറയും അതിന് കാരണം അത് എഴുന്നേക്കുമ്പോഴേക്കും നമ്മളുടെ ബുദ്ധിയില് ഒരു അജ്ഞാന ആവരണ ഉണ്ട് അതങ്ങോട് മറച്ചു ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇതിന് മനനം എന്ന് പറയുന്നത് അതാണ് മനനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിനെ ചിന്തിച്ച് മനനം ചെയ്യലല്ല സുഷുപ്തി എന്താണെന്ന് ഉപനിഷത്ത് എങ്ങനെ പറഞ്ഞിരിക്കണോ നോക്കലല്ല സുഷുപ്തി എന്താണെന്ന് സുഷുപ്തിയെ നോക്കണം ദിവസം എഴുന്നേറ്റിട്ട് കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ അവസ്ഥ എന്തായിരുന്നു അത് എന്ന് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഒന്ന് വിശകലനം ചെയ്ത് നോക്കൽ ഒരു സാധനയാണ് അതൊന്ന് മറ്റൊന്ന് രാവിലെ പറഞ്ഞു അത് അതിലെ സാധാരണ സുഖമല്ല എന്നുള്ളതിനൊരു ദൃഷ്ടാന്തം പറയാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണമെന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങി വളരെ ക്ഷീണിച്ചിട്ട് തളർന്നൊരു പത്ത് മണിയാവുമ്പോൾ ഉറങ്ങി അത്രയാവുമ്പോൾ ഉറങ്ങി പെട്ടെന്ന് ഒരു രണ്ടു മണിക്ക് എഴുന്നേറ്റും ഞെട്ടി എഴുന്നേറ്റു എന്തോ ശബ്ദം കേട്ടിട്ടു അഞ്ചു മണിക്ക് എഴുന്നേക്കാൻ തീരുമാനിച്ച ആളാണ് വളരെ ഉറക്കം ക്ഷീണത്തോടുകൂടിയാണ് ഉറങ്ങിയിരിക്കുന്നത് രണ്ടു മണിക്ക് എഴുന്നേറ്റവും എഴുന്നേറ്റ് ടൈം പീസ് നോക്കിയപ്പോ രണ്ടു മണിയേ ആയിട്ടുള്ളൂ അഞ്ചു മണി ആയിട്ടില്ല എന്ത് തോന്നും ഉള്ളില് എല്ലാവർക്കും ആവോ പി രണ്ടു മണിയല്ലേ ആയിട്ടുള്ളൂ ഇനിയും മൂന്ന് മണിക്കൂർ ഉണ്ടല്ലേ എന്തൊരു സന്തോഷം സമയത്ത് വരും എല്ലാരും ചിരിക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവും എല്ലാ ഈ ചിരി തമാ സാധാരണ ചിരിയല്ല ഞാനത് വളരെ ഗൗരവത്തെയാണ് നിങ്ങളൊക്കെ ആത്മസ്വരൂപികളാണ് നിങ്ങളൊക്കെ മുക്തന്മാരാണ് നിങ്ങളൊക്കെ ചൈതന്യ സ്വരൂപികളാണ് നിങ്ങളൊക്കെ ഭഗവത് സ്വരൂപികളാണ് നിങ്ങളൊക്കെ പൂർണ്ണരാണ് മരണമില്ലാത്തവരാണ് ജന്മമോ മൃത്യുവോ വ്യാധിയോ ഒന്നും നിങ്ങളെ തൊടില്ല നിങ്ങളൊക്കെ പൂർണ്ണരാണ് പക്ഷെ അറിയാതെ ഇരിക്കുകയാണ് പക്ഷെ ഞാനിപ്പോ നിങ്ങൾ ചിരിക്കുമ്പോ അതിനെ കാണുന്നു ആ ആനന്ദത്തിനെ കാണുന്നു നിങ്ങൾ തമാശ പറഞ്ഞിട്ടല്ല ഇപ്പൊ ചിരിച്ചത് ഈ ചിരി സാധാരണ ചിരിയല്ല ൊരു തമാശയുടെ ചിരിയല്ലാതെ എല്ലാവർക്കും അറിയാതെ പറഞ്ഞുകൊണ്ട് അപ്പാ ഹോ ഇനിയും മൂന്ന് മണിക്കൂർ കാരണം ആ ടേസ്റ്റ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചിരിച്ചത് നമ്മൾ ആ അതിനെ ജനുവിനായിട്ടുള്ള ഒരു സെൻസാണത് വളരെ ജനുവിനായിട്ട് നമ്മൾ ബുദ്ധി പ്രവർത്തി ബുദ്ധി പ്രവർത്തിച്ചാൽ ഉറങ്ങാൻ പാടില്ല ആലസ്യത്തിൽ എഴുന്നേൽക്കണം എന്നൊക്കെ പറയുമായിരിക്കും ബുദ്ധി പക്ഷെ ബുദ്ധിയൊന്നും പ്രവർത്തിക്കാതെ നമ്മളുടെ ഹൃദയം ഈ ഒരു സ്വാപ്രബോധയോഹോ സന്ധൗ എന്ന് ഭാഗവതം പറയേണ്ട ഉറക്കത്തിന്റെയും ജാഗ്രത്തിന്റെയും നടുവിലൊരു സന്ധിയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ഹൃദയം ഈ ജാഗ്രത്തിനെയും ആ അവസ്ഥയെയും ഒന്ന് കമ്പയർ ചെയ്യുകയാണ് എന്നിട്ട് തള്ളിക്കളയാണ് ഈ ജാഗ്രത്തിനെ ഈ ജാഗ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ശരീരം കിട്ടും മനസ്സ് കിട്ടും ഇന്ദ്രിയങ്ങൾ കിട്ടും കാണും കേൾക്കും മണക്കും രുചിക്കും സ്പർശിക്കും നമ്മളുടെ ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് ബാക്കി കിട്ടും നമ്മളുടെ മകളെ കിട്ടും വേറെക്കുട്ടികളെ കിട്ടും ബന്ധുക്കളെ കിട്ടും എല്ലാം കിട്ടും കിട്ടുന്നത് നമുക്ക് പൂർണ്ണത എന്നാണല്ലോ നമ്മളുടെ ധാരണ അതുകൊണ്ടാണല്ലോ ഈ നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മൾ ലോകത്തിലെ പക്ഷേ സുഷുദ്ധി അവസ്ഥയിൽ ഒന്നും നമുക്ക് കിട്ടിയില്ല എല്ലാം നഷ്ടപ്പെടുത്തി സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണത വരിക നേടിയെടുക്കുന്നത് കൊണ്ടല്ല എന്ന് കണ്ടുപിടിച്ചത് ശ്രൗതജ്ഞായം ഇങ്ങനെയാണ് ഒന്നും നേടിയെടുത്തില്ല പുറമേക്കുള്ളതൊക്കെ പോയി എന്നുള്ളത് പോട്ടെ നമ്മളുടെ ശരീരം തന്നെ പോയി നമ്മളുടെ മനസ്സ് പോയി ഇന്ദ്രിയങ്ങൾ പോയി നമ്മളുടെ ഞാൻ ഇന്നവൻ എന്നുള്ള ആള് പോയി നല്ലവൻ പോയി ചീത്തയാൾ പോയി കള്ളൻ പോയി ബ്രാഹ്മണൻ പോയി രാജാവ് പോയി ദരിദ്രൻ പോയി എല്ലാം പോയി പിന്നെ എന്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു അതുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ എന്തോ എന്തുണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഏതവശിഷ്യത്തെ ഉപനിഷത്ത് തന്നെ പറയണം അത്ര പരിശിഷ്യത എല്ലാം കഴിയുമ്പോ എന്തവിടെ നിൽക്കണോ ബാക്കി വന്ന ആള് ശേഷ സംജ്ഞ ശിഷ്യത്തെ ശേഷസംജ്ഞ വരേണ്ടതാണ് ഭഗവാനെ തള്ളി എല്ലാം ഇല്ല ഇല്ല തള്ളിക്കളയുമ്പോ എന്ത് ബാക്കി നിൽക്കണമോ ആ ബാക്കിക്കാരൻ എന്നാണ് ഭഗവാൻ പേര് ശേഷം എന്നുള്ള വാക്കിന് എല്ലാവർക്കും അറിയാം ആ വാക്ക് പഴയ കാലത്ത് കേരളത്തിലൊന്നും ആ പേരില്ലാത്തതുകൊണ്ട് അറിയില്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം ശേഷം എന്നുള്ള അർത്ഥം എന്താന്ന് വെച്ചാൽ ബാക്കിക്കാരൻ എന്നർത്ഥം എല്ലാം തള്ളിക്കളയുമ്പോ ബാക്കിയാവണത് ശിഷ്യത്തെ ശേഷസംജ്ഞാ ആ സുഷുപ്തി അവസ്ഥയെ അപ്പൊ അതുകൊണ്ട് വെറും ഗ്ലാനിയായിട്ടുള്ള അവസ്ഥയാണെന്നോ ഒന്നുമില്ലാത്ത അവസ്ഥയാണെന്നോ പറയാൻ വയ്യ പൂർണ്ണതയാണവിടെ അവിടെ ഒരു കുറവുമില്ല ഒന്നും നേടിയെടുക്കാനില്ല അവിടെ എന്റെ വ്യക്തിത്വം പോലുമില്ലാതായിട്ട് സുഖമായിട്ടിരുന്നു എന്തിനെ വേണമെങ്കിലും നമ്മൾ വേണ്ട വയ്ക്കും അതിനെ വേണ്ട വയ്ക്കാൻ പറ്റില്ല ഏത് സുഖഭോക്കും വേണമെങ്കിലും നമ്മൾ വേണ്ട വയ്ക്കും എല്ലാ സുഖഭോഗ സാമഗ്രികളും കൊടുത്തിട്ട് ഇയാളുടെ അടുത്ത് ഉറങ്ങാനേ പാടില്ല എന്ന് പറഞ്ഞു നോക്കൂ കുറെ കഴിഞ്ഞാൽ അതൊക്കെ വലിച്ചെറിയും എത്ര വലിയ പദവി ലോകത്തിനെ മുഴുവൻ ഒരു രാജ്യമാക്കിയിട്ട് അതിന് പ്രസിഡന്റായിട്ട് ഒരാൾ ഇരുത്തി എന്നിട്ട് അയാളോട് പറഞ്ഞു നീ ഉറങ്ങാൻ മാത്രം പാടില്ല അയാൾ അവസാനം പറയും എനിക്ക് രാജ്യവും വേണ്ട പ്രസിഡന്റും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയും പരമഭക്തനായിട്ടുള്ള ഒരാളോട് പോലും പറഞ്ഞു നോക്കൂ നമ്മുടെ നീ നിന്റെ ഭക്തി സാധനം ചെയ്തോളൂ ഉറങ്ങാൻ പാടില്ല കുറച്ച് ദിവസം ഉറങ്ങാതിരിക്കും പിന്നെയും വരില്ല പക്ഷെ ഞാ വേണ്ട വിധത്തിൽ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞവർ ഉറങ്ങാതിരിക്കണവരുണ്ട് അതിന് കാരണം എന്താ കാരണം വേറെയാണ് സുഷുപ്തിയിലെന്തോ അത് ജാഗ്രതത്തിലും അവർക്ക് കിട്ടിയത് അവർക്ക് പിന്നെ ഉറക്കത്തിന്റെ ആവശ്യമില്ല പക്ഷെ അത് വരണവരെ ഉറക്കം എന്നുള്ളത് വേണ്ട പറ്റില്ല കാരണം ഉറക്കത്തിൽ നമ്മളല്ലാത്തതിനൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഉറക്കം നമുക്ക് കാണിച്ചു ഈ ശരീരം ഞാനല്ല ഈ മനസ്സ് ഞാനല്ല ഈ ബുദ്ധി ഞാനല്ല ഈ ഞാൻ ഇന്നവൻ എന്ന് പറയുന്നത് ഈ ആള് ഞാനല്ല കാരണം ഇതൊക്കെ പോണു അപ്പൊ പിന്നെ മരണത്തിന് ഭയപ്പെടാനുണ്ടോ സുഷുപ്തി തന്നെ ഒരു മരണമാണ് അല്ലെ അതിൽ നമ്മള് പൂർണ്ണരായിട്ടിരുന്നു സുഖമായിട്ടിരുന്നു നിറഞ്ഞിരുന്നു അവസാനം ഒരു മൃത്യു വന്നാലും ഇത് വരാൻ പോണത് അറിഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് നമ്മൾ വാരി പുലുകും ഭയപ്പെടാനൊന്നുമില്ല മാത്രമല്ല വളരെ സുലഭമായിട്ട് ഉള്ളിലുള്ള ആള് ശരീരത്തിനെ ദിവസം ഉപേക്ഷിക്കുന്നത് നമ്മൾ കാണുകയാണ് ഈ സുഷുപ്തിയിൽ അസംഗോഹി അയം പുരുഷ എന്നാണ് ഈ ഉള്ളിലുള്ള ആള് അസംഗനാണ് ഒന്നിനോട് സംബന്ധമില്ല തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൊട്ടത്തേങ്ങ പോലെ വിട്ടുപോവാൻ പറ്റുന്നതാണ് തേങ്ങ കൊട്ടത്തേങ്ങ വിട്ടുവരണ പോലെ ദേഹത്തിന്റെ സകല ഉപാധികളുടെ ദോഷത്തൊന്നും വിട്ടുവന്നു സുഷുപ്തിയിൽ ടൈമുണ്ടോ ഉണ്ടോ ടൈമുണ്ടോ സുഷുപ്തിയിൽ എത്ര നേരമായി എന്ന് ആർക്കെങ്കിലും അറിയോ അപ്പോഴല്ലേ കിടന്നുള്ളൂ അപ്പോഴേക്കും നേരം വിളിച്ചയോ എന്ന് തോന്നുന്നു സ്പേസ് ഉണ്ടോ ഇല്ല ടൈമുമില്ല സ്പേസുമില്ല ആ സുഷുപ്തിയിലേതൊന്ന് വസ്തു ഉണ്ടായിരുന്നു അത് ദേശകാലാവധി വ്യാപം കണ്ണാടി മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് കാണാൻ കണ്ണുണ്ടെങ്കിൽ കണ്ടോളണം നേടിയെടുക്കാനുള്ള വസ്തുവല്ല എന്നറിയേണ്ടല്ലോ നേടിയിട്ടുള്ളതാണോ പക്ഷേ ഇതേപോലെ മനനം ചെയ്ത് മനനം ചെയ്ത് കാണണം സുഷുപ്തിയിലെ എങ്ങനെ അനുഭവം ഉണ്ടായി കാരണം എന്താ ഞാൻ ഇന്നവെന്നുള്ള വ്യക്തിത്വം ഉണ്ടല്ലോ അതിലയിച്ചപ്പോഴാണ് സുഷുപ്തി ഉണ്ടായത് ഇതാണ് ഋഷികൾ കണ്ടുപിടിച്ചത് ആ സുഷുപ്തിയിലുള്ള പൂർണ്ണത സുഷുപ്തിയിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പക്ഷെ ജാഗ്രതയിലാണല്ലോ കുഴപ്പം ജാഗ്രതത്തിൽ ആ അവസ്ഥ നേടിയെടുക്കണമെങ്കിൽ ഈ വ്യക്തി അഭിമാനം അഹങ്കാരം നിശേഷമില്ലാതായാൽ സുഷുപ്തിയിലേതൊന്നാണോ നമ്മൾ അറിയാതെ അനുഭവിച്ചത് അത് ബോധപൂർവം പരമാനന്ദം സുഷുപ്തിയിൽ പരമാനന്ദ ഉണ്ട് നമുക്ക് അറിയണില്ല വേഗമായിട്ട് എഴുന്നേക്കുമ്പോ ഒരു റിക്ലക്ഷനേ ഉള്ളൂ പക്ഷെ നമുക്ക് അറിയണില്ല കാരണം ആ സമയത്ത് നമ്മളുടെ വ്യക്തിത്വം ബുദ്ധിയൊന്നുമില്ല ബുദ്ധിയും മനസ്സും ഒക്കെയുള്ള ഈ ജാഗ്രത അവസ്ഥയിൽ അറിഞ്ഞുകൊണ്ട് തെളിഞ്ഞുകൊണ്ട് ആ ആനന്ദത്തിനെ ഭഗവത് സ്വരൂപത്തിനെ സൗഷുപ്തമായ ബ്രഹ്മത്തിനെ സത്തയെ സത്താമാത്ര ശരീരം ആ വസ്തുവിനെ ഭഗവാനെ നമ്മൾക്ക് ജാഗ്രതത്തിൽ അനുഭവിക്കണമെങ്കിൽ അഹങ്കാരം പോകണം അതായോളൂ ഞാൻ ഇന്നവനാണെന്നുള്ള ഈ വ്യക്തിത്വം പോയാൽ പിന്നെ ആർക്ക് മരണം ആർക്ക് ജനനം ആർക്ക് മൃത്യുഭയം ആർക്ക് വ്യാധിഭയം ആർക്ക് മരണഭയം ആർക്ക് വിഷമങ്ങൾ ശരീരം അപ്പൊ ചേഷ്ടിക്കോ ഈ അഹങ്കാരമില്ലാതെ ശരീരം ചേഷ്ടിക്കോ ധാരാളമായിട്ട് ചേഷ്ടിക്കും അഹങ്കാരമൊന്നും ആവശ്യമില്ല ഈ ശരീരത്തിന് അഹങ്കാരം കുഴപ്പാണ് ഉണ്ടാക്കുന്നത് ശരീരത്തിൽ അഹങ്കാരമില്ലാതെ തന്നെ ശരീരം ഭംഗിയായി അതിന്റെ പണി ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സോമനമ്പോളിസം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ഉറക്കത്തിലെഴുന്നേറ്റ് നടന്നിട്ട് പ്രവർത്തിക്കാം അതിൽ റിസർച്ച് ചെയ്ത ആളുകൾ പറഞ്ഞത് അവരെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ആരും കാര്യം ചെയ്യില്ല എന്നാണ് അവർ ഉറക്കത്തിലെഴുന്നേറ്റ് കടലിൽ നീന്തിയിട്ട് വരും ഹൈവേയിൽ നടന്നാൽ ഒരിടത്തും മുട്ടിലും നമ്മൾ നല്ല ബോധപൂർവം നടക്കുമ്പോഴൊക്കെ മുട്ടുവോ മുട്ടുവോ കുട്ടികളെ കണ്ടാൽ നമുക്ക് കാണാം ഞാൻ സോമനം പൊളിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോധമില്ലായ്മ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കൂ അവര് ഓടി നടക്കുമ്പോ അവിടെ ഇവിടെ മുട്ടു എന്ന് തോന്നും മുട്ടണ സ്ഥലം വരുമ്പോ നാച്ചുറൽ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ മാറിക്കോളും ഇതെങ്ങനെയാണ് അവര് പഠിക്കണത് നമുക്ക് ആശ്ചര്യമായി ആശ്രമത്തിൽ ഞാൻ ധാരാളം നമ്മളാശ്രമത്തിൽ കുരങ്ങളെ കണ്ടിട്ടുണ്ട് അവർ കിണറ്റിന്റെ വക്ക് കൂടെ മേലെയുള്ള കമ്പിയുടെ മേലെ കൂടെ അവരുടെ ശരീരം പ്രൊട്ടക്റ്റഡാണ് ഈ മന്ദബുദ്ധികൾ ഇവരെ കുറിച്ചൊക്കെ പറയും അവർക്കൊന്നും പല അപകടങ്ങളും ബുദ്ധിയുള്ളവർക്ക് പറ്റണത് പറ്റില്ല അതായത് ഈ ശരീരത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ശക്തി ഉണ്ട് ആ ശക്തി ഈ ശരീരത്തിന് മരണം വരെ കൊണ്ടുപോയി നടന്നിട്ട് അവസാനം കൊന്നോളുപ്പ് അതിന് അഹങ്കാരത്തിന്റെ ആവശ്യമില്ല ഇത് നമുക്ക് മനനം ചെയ്യും തോറും നമുക്ക് തെളിയും തത്വജ്ഞാനം കൊണ്ടുപോയി യാതൊരു കുഴപ്പമില്ല ശരീരം എന്റെ അല്ല ശരീരം ഞാനല്ല ശരീരം എനിക്ക് വേണ്ടിയല്ല ശരീരം പ്രകൃതിയുടെയാണ് ശരീരം പ്രകൃതിയാണ് ശരീരം പ്രകൃതിയിൽ കാര്യം ചെയ്തിട്ട് പ്രകൃതിയിൽ എന്തോ പ്രവർത്തിച്ചിട്ട് അടങ്ങാനുള്ളതാണ് അതുമായിട്ട് എനിക്ക് സംബന്ധമേയില്ല പിന്നെ ഞാൻ ആരാണ് ഞാനെന്ന് പറയണ ഈ വ്യക്തിത്വമും ഉണ്മയല്ല പിന്നെ എന്തുണ്ട് അവിടെ അഖണ്ഡമായ പൂർണ്ണമായ ഭഗവത് സ്വരൂപം മാത്രമേ ഉള്ളൂ ആ ഭഗവാനിൽ നിന്ന് അന്യമായൊരു വ്യക്തി അഹന്ത ഇല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോ ശരീരം രോഗത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യും പ്രാരബ്ധമനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യും പക്ഷേ അകമയ്ക്ക് മരണഭയമില്ല വ്യാധി വന്നാലും ബാധിക്കണില്ല എന്താന്ന് വെച്ചാൽ സിനിമയിൽ വ്യാധി വന്നാൽ സ്ക്രീന് ബാധിക്കുമോ ഒരാൾക്ക് വ്യാധി വന്നാൽ സിനിമയിൽ തീ പിടിച്ചാൽ സ്ക്രീനിൽ ചൂടുണ്ടാവുമോ സിനിമയിൽ മഴ പെയ്താൽ സ്ക്രീന് നനയോ ഒന്നുമില്ല അതേപോലെ തന്നെ സ്വപ്നത്തിൽ പലതും നടന്നാലും ജാഗ്രതത്തിൽ എഴുന്നേക്കുമ്പോ ഒന്നുമില്ലാത്തതുപോലെ തന്നെ ഈ ശരീരത്തിനും മനസ്സിനുമൊക്കെ നല്ല വിധത്തിലുള്ള പല വിധത്തിലുള്ള വന്നാലും ഉള്ളിലുള്ള ചിത്ത് അവബോധം ഉണർവ് അതുകൊണ്ടൊന്നും അല്പം പോലും സ്പർശിക്കപ്പെടാതിരിക്കണോ എന്നുള്ള സോളിഡ് എക്സ്പീരിയൻസ് ഒരു ഐഡിയ ഒരറിവല്ല ഞാൻ പറയണത് അറിവല്ല ഈ വേണ്ട വിധത്തിൽ മനനം ചെയ്ത് നമ്മളുടെ സത്തയെ നമ്മള് പ്രത്യഭിജ്ഞ കൊണ്ട് പ്രബുദ്ധയായാൽ ബോധം ഉണ്ടായാൽ നമുക്ക് അവബോധം ഉണ്ടായാൽ മനസ്സുകൊണ്ടറിയലല്ല മനസ്സുകൊണ്ട് അറിഞ്ഞ മനസ്സ് മാറിപ്പോയാൽ പോയി പോവും ബുദ്ധി കൊണ്ടറിഞ്ഞാൽ ബുദ്ധിക്ക് കേടുപറ്റിയാൽ പോയി പോവും ഇതൊന്നുമല്ലാതെ അതിനെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ബോധത്തിനെ ബോധം കൊണ്ടറിയാം റെക്കഗ്നീഷനാണ് പ്രത്യപിജ്ഞയാണ് വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ പ്രത്യപജ്ഞ ഉണ്ടാവും വളരെ എളുപ്പമാണ് പക്ഷെ വളരെ ബുദ്ധിമുട്ടുമാണ് ആദ്യം പറഞ്ഞ പോലെ ശ്രദ്ധിച്ചാൽ തന്നെ ആ പ്രത്യപിജ്ഞ ഉണ്ടായാൽ നമുക്ക് കാണാം ഇത് നഷ്ടപ്പെടുകയേലാം അങ്ങനെ ഒരു ഒരു അബ്സല്യൂട്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി ആണല്ലോ നമ്മൾ ചോദിക്കുന്നത് പുറം ലോകത്ത് മരണമില്ലെങ്കിൽ പിന്നെ എന്താ സെക്യൂരിറ്റിക്ക് കുഴപ്പം നിത്യവസ്തു ൂക്കുത്ത വസ്തു ബുദ്ധവസ്തു അങ്ങനെയുള്ള ആ ഭഗവാൻ ആ ഭഗവത് സ്വരൂപം നമ്മളിൽ നമ്മളായിട്ട് നമ്മളുടെ സത്തയായിട്ട് നമ്മളുടെ സ്വരൂപമായിട്ട് നമുക്ക് സഹജമായ ഒരു ബുദ്ധിമുട്ടും നേടിയെടുക്കാൻ ഒരു പ്രയത്നമോ കഷ്ടമോ ഒന്നുമില്ലാതെ നമ്മളുടെ അഹങ്കാരത്തിന്റെ യാതൊരു ചേഷ്ടകൾക്കും വഴങ്ങാതെ ആ ചേഷ്ടകളൊന്നും അതിനെ സ്പർശിക്കുകയും ചെയ്യാതെ സിദ്ധമായിട്ട് ഇവിടെ കിട്ടിയിട്ട് ഇപ്പൊ കിട്ടിയിട്ടിരിക്കണമെന്നാണ് കേൾക്കുമ്പെങ്കിലും കിട്ടിയാൽ മതി നിങ്ങൾക്കിപ്പോ അത് കഴിഞ്ഞിട്ട് പോയപ്പോട്ടെ വിട്ടുകളൂ കേൾക്കുമ്പോൾ കിട്ടിയാൽ കുറച്ചു നേരത്ത് ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്കത് ഒരു രൂപ ഒരു കോടി രൂപയുടെ ഒരു അംശമാണ് അതുപോലെ ഈ കേൾക്കുമ്പോ ഒരു നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോ നിർവാണമെന്ന് പറയുന്ന പദത്തിന്റെ ഒരു അംശമാണത് ഇങ്ങനെ ഓരോ സത്സംഗത്തിലും നിങ്ങൾക്ക് ഈ വിടവ് ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ മനസ്സിൽ വിടവുണ്ടാവുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് ഗുരുവായൂരമ്പലത്തില് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പുറത്തുനിന്ന് നമ്മള് നമ്മളുടെ ഉണ്ണികൃഷ്ണനെ കാണുമ്പോ ക്യൂ നിന്ന ആളുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരാള് പോയി ഒരാള് വരുമ്പോ നടുവിൽ കൃഷ്ണനെ കാണും അതാണത്ര രാസലീല അങ്കനാം അങ്കനാം അന്തരേ മാധവ ഒരു വൃന്ദാവനി മഹാത്മാവിന്റെ ദോഹയുണ്ട് സഭവൃത്തി ഹേ ഗോപിക സാക്ഷി കൃഷ്ണസ്വരൂപം ആപസുമേ ജലക്കത്ത് ഏ ഹെ റാസ അനൂപ സപവൃത്തി ഹേ ഗോപിക ഓരോ വൃത്തിയും ഗോപികയാണത്ര ഒരു വൃത്തിക്കും വൃത്തി എന്ന് വെച്ചാൽ തോട്ട് ചിത്തവൃത്തി തോട്ട് വിചാരം ആ ഒരു വിചാരത്തിനും മറ്റൊരു വിചാരത്തിനും നടുവില് ജലക്ക ജ്വലിക്കുന്നു എന്താണ് കൃഷ്ണസ്വരൂപം അപ്പോഴാണ് കൃഷ്ണൻ വന്നിട്ട് പോയ പോലെയൊക്കെ തോങ്ങണത് കൃഷ്ണൻ വന്നിട്ട് പോകണില്ല ഗോപികളും മാറിക്കൊണ്ടിരിക്കുമ്പോ കൃഷ്ണനെ ഇടയിലിടയിൽ കാണുന്ന പോലെ ആപ്പസുമേ ജലക്കത്ത് രണ്ടുപേർക്ക് നടുവിൽ പ്രകാശിക്കണത് അതിന് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ആനന്ദം ഉണ്ടാവണതാണ് രാസ അനുപമമായ രാസം എന്നാണ് അതുപോലെ സത്സംഗത്തിലിരിക്കുമ്പോ ഒരു ക്ഷണ നേരത്തെ ആ അനുഭവം മനസ്സിന്റേതല്ല ഇതിനെ നമ്മൾ കിട്ടിയാലും നഷ്ടപ്പെടുത്തി കളയും എങ്ങനെയറിയോ അതാണ് ചിന്താവണി ഉപാഖ്യാനം എന്ന് പറഞ്ഞു വാസിഷ്ടത്തിൽ പറഞ്ഞത് എങ്ങനെ നഷ്ടപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തു പോകും മനസ്സിലായി പക്ഷെ അനുഭവത്തിൽ വന്നില്ലല്ലോ എന്ന് പറയും ഒരു കാര്യം പറയാം ഈ കാര്യം മനസ്സിലാവില്ല ബുദ്ധി കൊണ്ടറിയാൻ പറ്റില്ല നിങ്ങൾക്കുള്ളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് അറിഞ്ഞുകൊള്ളുക മനസ്സുകൊണ്ടല്ല അത് ബുദ്ധി കൊണ്ടല്ല ആ കിട്ടിയിട്ടുള്ളതിനെ വില വെച്ചിട്ടില്ലെങ്കിൽ അല്പമെങ്കിലും ഒരു തെളിവ് ഉള്ളിലുള്ള അന്തര്യാമി തന്നെ കൃപ ചെയ്ത് തിരി തെളിച്ചു തന്നതാണ് അതിന് വില കൊടുക്കും തോറും അത് കൂടുതൽ കൂടുതൽ കൂടുതൽ തെളിയും ഉള്ളിൽ നിന്ന് തെളിയുകയാണെന്ന് അറിയണം നമ്മളുടെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല എന്നറിയണം ഈ നടക്കുന്നത് ഒരു ഒരു പുതിയ പ്രോസസ്സാണ് എഴുതുക വായിക്കുക ഒന്നുമില്ല അവിടെ അതുകൊണ്ടാണ് ഭഗവാൻ നാഹം വേദന്ന തപസാനദാന ചേം വിധോ ദ്രഷും ദൃഷ്ടസി മാം യത ഭക്യാ അനന്യ ശക് അഹമേവ വിധോർജുന ജാതു ദ്രഷ്ടം ചേന പ്രവേം ചരന്ത അനന്യഭക്തി അനന്യഭക്തി എന്താ അനന്യ എന്റെ വ്യഖ്യാനമേ വേണ്ട നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു അന്യാശ്രയാണ അനന്യ അനന്യത നേടിയെടുക്കാനില്ല ഭഗവാനല്ലാതെയുള്ള വസ്തുക്കളുടെയൊക്കെ ആശ്രയം വിട്ടാൽ പ്രപഞ്ചത്തിനെ ആശ്രയിക്കുന്നതിന് വിട്ടു നമ്മളുടെ ശരീരത്തിനെ ആശ്രയിക്കുന്നത് വിട്ടു നമ്മളുടെ മനസ്സിനെ ആശ്രയിക്കുന്നത് വിട്ടു നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നത് വിട്ടു ഇതൊക്കെ വിട്ടു കഴിയുമ്പോ എന്തു പ്രകാശിക്കുമോ അതാണ് അനന്യമായ വസ്തു അന്യമില്ലാത്ത അവസ്ഥ അന്യമില്ലാത്ത എത്ര നാന്യം പശ്യത്തി ഇത്തര ഇതരം പശ്യത്തി അന്യം ജികൃതി അന്യമേ ഇല്ല അങ്ങനെയുള്ള അവസ്ഥ അതിനാണ് ഭക്തി വിഭക്തി ഇല്ലാത്ത അവസ്ഥ വിഭക്തി എന്താ ഞാൻ ഇന്നവൻ ഞാൻ ഇതാണ് എന്നുള്ള അഹംകൃതി ഇല്ലാത്ത അവസ്ഥ അത് തന്നെ സമാധി നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയണത് വികൽപ്പമില്ലാത്ത നിർവികൽപ്പ ബോധം അതിനാണ് ഭഗവാനൂടെ പറഞ്ഞത് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തി കൊണ്ട് ജ്ഞാതും ദ്രഷ്ടുംച്ച് തത്വേന പ്രവേഷ്ടും ച പരന്ത തത്വേന എന്ന് വെച്ചാൽ അതുതന്നെ ആയിട്ടെന്ന് അർത്ഥം അതൊന്ന് വിട്ടു അന്യമായിട്ട് നിൽക്കാതെ തത്വേന ാത്വികമായിട്ടെന്നൊരർത്ഥം മറ്റൊരർത്ഥം തത്വേനെ താൻ അതുമായിട്ട് തന്നെ പ്രവേശിച്ച് അതായിട്ട് തന്നെ നിൽക്കാം തത്വേന പ്രവേശിച്ച ഫലം തത്രയും പറഞ്ഞു ഭക്തിയോഗത്തിൽ പ്രവേശിക്കുമ്പോ അവസാനമായി ഭഗവാൻ ഒന്നുകൂടെ പറഞ്ഞു ഈ ഭക്തിക്ക് എന്താ വഴി പ്രത്യേകം ഒരു പ്രവൃത്തി ചെയ്യേണ്ട എന്നുവെച്ചാൽ ആദ്യ അന്തമുള്ള സാധനങ്ങളെയൊക്കെ കടക്കണം നമ്മൾ സ്പെഷ്യലായ ഒരു സാധനം അത് തുടങ്ങുന്നതിന് മുമ്പില്ല തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ അവസാനിച്ചു ഞാൻ നാമം ജപിക്കാൻ പോണു ജപിക്കുന്നതിന് മുമ്പ് ഞാൻ ഭക്തനല്ല ജപിക്കാൻ തുടങ്ങിയപ്പോ ഭക്തൻ ജപം അവസാനിപ്പിച്ചാൽ ഭക്തി പോയി അങ്ങനെയല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇതല്ലാതെ വേറൊരു തൊഴിലില്ല നാമം ജപിക്കുമ്പോ ജപിക്കുന്നു ഭഗവാനെ നാമസങ്കീർത്തനം ചെയ്യുമ്പോ ചെയ്യുന്നു പൂജിക്കുമ്പോ പൂജിക്കുന്നു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രവൃത്തിയെടുക്കുമ്പോഴും ഭാഗവതധർമ്മം ഒറ്റ ശ്ലോകം എല്ലാവർക്കും അറിയാം ഭാഗവതധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഭാഗവതം പഠിക്കേണ്ട കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃത സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായിട്ട് സമർപ്പയാമി ഇതാണ് ഭാഗവത ധർമ്മമായിട്ട് ഏകാദശത്തിൽ പറഞ്ഞത് അതിൽ ആ കരോമി ഉണ്ടല്ലോ അതിൽ ആ മീ എടുത്തു മതി ബാക്കിയൊക്കെ ശരിയായിക്കോളൂ കരോമിയിൽ ആ മീ പോയാൽ ബാക്കിയൊക്കെ ശരിയായിക്കോളും കാരണം ഇംഗ്ലീഷിലുള്ള മീയും സംസ്കൃതത്തിലുള്ള മീയും ഒക്കെ തന്നെ ശരീരം കൊണ്ട് നടക്കുന്ന പ്രവൃത്തി മനസ്സുകൊണ്ട് നടക്കുന്ന ചിത്തവൃത്തികൾ ബുദ്ധി കൊണ്ട് നടക്കുന്ന വിവേചനം എല്ലാം നാരായണന് സമർപ്പിക്കണമെന്ന് വെച്ചാൽ സമർപ്പിക്കാൻ ഞാനാരാ നാരായണനാണൊക്കെ ചെയ്യണത് ഞാനില്ല ഭഗവാനേ ഉള്ളൂ ഇത് ഒരു സ്റ്റേറ്റ്മെന്റല്ല നിരന്തരം ഈ അവസ്ഥയിൽ നിൽക്കണമെന്നാണ് വെച്ചാൽ ഇത് പറഞ്ഞിട്ട് ഞാൻ ന്യായീകരിക്കലല്ല എന്റെ ദൗർബല്യങ്ങളെയൊക്കെ ഞാനൊന്നും ചെയ്തില്ല ഭഗവാനാണ് ചെയ്യണത് ന്യായീകരിക്കാനല്ല നിരന്തരം ഭഗവാനേ ഉള്ളൂ ഞാനില്ല എന്നുള്ളത് അനുഭവമായിട്ട് തീരണം ഇപ്പോഴും അതാണ് പക്ഷേ ഈ അഹങ്കാരം നമ്മളെ അറിയാൻ സമ്മതിക്കണില്ല ഇപ്പോഴും നമ്മൾ പൂർണ്ണരാണ് പക്ഷെ അപൂർണ്ണം പോലെ തോന്നുന്നു ഈ ശരീരം മനസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ കണക്കിലെ സീറോ ഉണ്ടല്ലോ പൂജ്യം അത് പൂർണ്ണമാണ് അല്ലേ പൂജ്യം അതുകൊണ്ടാണ് അതിന് പൂജ്യം എന്ന് പേര് പൂജനീയമാണത് എന്താന്ന് വെച്ചാൽ അത് പൂർണ്ണമാണ് അത് എഴുതി കഴിഞ്ഞാലും വട്ടത്തിലിട്ട് കഴിഞ്ഞാൽ ഇനി വലിക്കാൻ പറ്റില്ല അവസാനിച്ചു ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഈ അക്കങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ വാലുണ്ട് നീട്ടാം വലിക്കാം വളയ്ക്കാം ഇങ്ങനെ പോകും വാലുണ്ട് എല്ലാത്തിനും ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയണത് സീറോ അത് പൂർണ്ണമാണ് ഇനി മറ്റൊരക്കം കൂടെ ഉണ്ട് അതും പൂർണ്ണമാണ് ഏതാ എട്ട് എട്ട് പൂർണ്ണമാണ് മായയാണ് എട്ട് അഷ്ടധാ പ്രകൃതി എട്ട് എപ്പോഴും മായയാണ് അത് പൂർണ്ണമാണ് പക്ഷേ വളഞ്ഞു കൊളഞ്ഞിട്ടുള്ള പൂജ്യമാണ് എട്ട് അക്കം എഴുതുമ്പോഴേ സ്ട്രാങ്കുലേറ്റഡ് സീറോ പൂജ്യത്തിന് ഈ എന്താ പറയാ കുക്കറിന്റെ ഗ്യാസ്കെറ്റൊക്കെ എങ്ങനെ വളച്ചാല് എട്ടാവും പൂജ്യം എട്ട് എട്ട് വളഞ്ഞിട്ടുള്ള പൂജ്യമാണ് അത് പൂജ്യമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് പൂർണ്ണമാണത് ബ്രഹ്മം ശുദ്ധമേ പൂജ്യമാണെങ്കിൽ നമ്മളൊക്കെ എട്ടാണ് നാമരൂപത്തോടുകൂടെ കാണപ്പെടുമ്പോ വളഞ്ഞു കുളഞ്ഞിട്ടാണെങ്കിലും നമ്മളൊക്കെ പൂർണ്ണരാണോ നമ്മളിൽ പല കുഴപ്പങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പൂർണ്ണരാ ശരീരവും മനസ്സിന്റെയും ഇതിലൊക്കെ ഈ എട്ട് പൂജ്യം എട്ടാവാൻ കാരണം ഈ അഹങ്കാരമാണ് ഈ എട്ടും പൊട്ടും തിരിയാത്തെന്ന് പറയും മലയാളത്തിൽ അല്ലെ എട്ട് എന്ന് വെച്ച മായ പൊട്ടെന്ന് വെച്ചാൽ പൂജ്യം അതാണ് ഈ എട്ടും പൊട്ടും തിരിഞ്ഞാൽ അവൻ പൂർണ്ണനായി ജീവൻ മുക്തനായി ജീവൻ മുക്തനല്ലാത്തവരൊക്കെ എട്ടും പൊട്ടും തിരിയാത്തവരാണ് എട്ട് മായ പൊട്ടെന്ന് വെച്ചാൽ ബിന്ദു ബിന്ദു എപ്പോഴും പൂജ്യമാണ് പൂജ്യം പൂർണ്ണമാണ് എട്ട് മായയാണ് ഒരുത്തൻ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ളതിനെയും അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ളതിനെയും അതായത് നിർഗുണ നിരാകാരമായിട്ടുള്ളതിനെയും സാകാരമായി സഗുണമായിട്ടുള്ളതിനെയും ഏതൊരുത്തൻ അറിഞ്ഞിരിക്കണോ അവൻ പൂർണ്ണനാണ് ഏതെങ്കിലും ഒന്ന് ഒരു ഡയമെൻഷനിൽ മാത്രം അറിഞ്ഞാള് പൂർണ്ണമാവില്ല അതാണ് പൊട്ടും അറിഞ്ഞ് എട്ടും അറിഞ്ഞാൽ എട്ടും പൊട്ടും തിരിഞ്ഞാൽ നമ്മൾ പൂർണ്ണരായി കണക്കിൽ ഇത്രയുമൊക്കെ സൂത്രപ്പണിയുണ്ടെന്നാണ് അപ്പോ നമ്മളെ ആ പൂർണ്ണതയെ അംഗീകരിക്കാൻ ഭഗവാൻ ഈ കാലിയനവാച ശ്ലോകം പറഞ്ഞല്ലോ അതിനെ പ്രാവർത്തികമാക്കാം എങ്ങനെ പ്രാവർത്തിക്കും മത്കർമ്മ മത്ഭക്തർജിഷു യസ് സമാമേതി പാണ്ഡവ മത്കർമ്മ മത്പരമ മത്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു അഞ്ച് പോയിന്റ്സാണ് മത്കർമ്മകൃത്ത് ശരീര സംബന്ധമായിട്ട് എല്ലാ കർമ്മങ്ങൾ ഇന്ദ്രിയ സംബന്ധമായ ചേഷ്ടകളെയൊക്കെ എനിക്കർപ്പിച്ചു മത് പരമഹാൻ തന്നെ അവന് പരമഗതി എന്ന് എന്നെ ആശ്രയിച്ചു ഉള്ളുകൊണ്ട് അവൻ ഇന്നിൽ നിന്ന് വിഭക്തമായിട്ട് നിൽക്കാത്തവനാണെന്നാണ് ഭഗവാനെന്ന് അന്യമായൊരു ഞാനില്ലെന്ന് സദാ ഉണർന്നിരിക്കുന്നവൻ സംഘവർജിത ശരീര മനസ്സുകളുമായിട്ട് യാതൊരു സംഘമില്ലാത്തവൻ വ്യവഹാരത്തിലോ രാഗദ്വേഷം ഇല്ലാത്തവൻ രാഗദ്വേഷം ഉണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി ഇംപ്രാക്ടിക്കൽ ആണ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവസാനം ചോദിക്കട്ടൊക്കെ ശരി ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കും ചോദിച്ചാൽ പറ്റില്ല ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എലക്ഷന് നിൽക്കാൻ പോവാണ് ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമസ്കാരം പറ്റില്ല വ്യവഹാരത്തില് എസെൻഷ്യൽ ആക്ടിവിറ്റീസ് വിൽ ഫോളോ അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം നമുക്ക് അധ്യാ എസെൻഷ്യലായിട്ട് ആവശ്യമുള്ള പ്രവൃത്തികൾ ഒന്നും നമ്മളെ ബാധിക്കില്ല അനാവശ്യമായി രാഗവും ദ്വേഷവും കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യാൻ പറ്റില്ലയോ ആ പ്രവൃത്തി നമ്മളെ വിട്ടുപോവേ പോകൂ കണക്ക് നോക്കാൻ പറ്റില്ല വെറുക്കാൻ പറ്റില്ല ആസക്ത ഒരുപാട് ആസക്തരാവാൻ പറ്റില്ല കാരണം തത്വം മറിഞ്ഞവൻ എങ്ങനെ ആസക്തനാകും അവനറിയാം ഒന്നും നിത്യമല്ല ഒക്കെ ഒരു അപ്പിയറൻസ് ആണെന്ന് അറിയാം എന്തിനോട് ഒട്ടിപ്പിടിക്കും കണക്ക് നോക്കാൻ പറ്റില്ല കാരണം അയാൾക്ക് അറിയാം ഈ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നാളെ നഷ്ട ലാഭം കിട്ടുമ്പോ സന്തോഷിക്കും നഷ്ടം കിട്ടുമ്പോ കരയും അതുകൊണ്ട് ഇത് വെറുതെയാണ് മൊത്തത്തിലെ സന്തോഷിക്കുമ്പോഴും എക്സൈറ്റ്മെന്റ് വരുമ്പോഴും എന്റെ ശാന്തി പോവും ദുഃഖിക്കുമ്പോഴും എന്റെ ശാന്തി അതുകൊണ്ട് പണം എത്ര വേണമെങ്കിൽ ലാഭം വന്നോട്ടെ നഷ്ടം വന്നോട്ടെ എനിക്ക് പ്രശ്നമല്ല ഞാൻ സമാധാനമായിട്ട് ഇരിക്കുകയാണ് തീരുമാനിച്ച ആള് അപ്പോഴും കണക്ക് നോക്കാൻ പറ്റില്ല അറ്റാച്ച്മെന്റ് പറ്റില്ല ഓവർ സംഘം പറ്റില്ല ആരോടും വെറുപ്പ് വയ്ക്കാൻ പറ്റില്ല അയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ധർമ്മത്തോടെ ധർമ്മമാണ് സ്നേഹം ആളുകൾ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് നടക്കണു സ്നേഹം ഒരു വികാരമല്ല ധർമ്മമാണ് അതായത് സ്നേഹം ചില ആളുകൾ ഒരുപാട് സ്നേഹം കാണിക്കും അവർ വിശ്വസിക്കാനേ പറ്റില്ല എന്താന്ന് വെച്ചാൽ എപ്പ കടിക്കും എന്ന് പറയാൻ പറ്റില്ല ഈ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ എപ്പ കടിക്കും എന്ന് പറയാൻ പറ്റില്ല അവരിങ്ങനെ സ്നേഹം വന്നു കഴിഞ്ഞാൽ വാരി അങ്ങനെ തുളുമ്പിക്കൊണ്ടുവരും എപ്പോഴാ അവര് കടിക്കുക എന്ന് പറയാൻ പറ്റില്ല നേരെ മറിച്ച് ധാർമ്മികനെ വിശ്വസിക്കാം അവൻ വികാരം കൊണ്ടല്ല ചെയ്യാം അവന് ഇഷ്ടം തോന്നണതുകൊണ്ട് എന്തെങ്കിലും ചെയ്യില്ല അവൻ എന്ത് ചെയ്യണമോ അതേ ചെയ്യുള്ളൂ ഇഷ്ടം തോന്നിയിട്ട് ചെയ്യണമെന്ന അനിഷ്ടം ചെയ്യില്ല നേരെ മറിച്ച് ധർമ്മബോധമുള്ളവൻ ഇഷ്ടമുണ്ടെങ്കിലും ശരി അനിഷ്ടമുണ്ടെങ്കിലും ശരി ചെയ്യേണ്ടത് അത് ചെയ്യും അല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചെയ്യുകയും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുകയും ഇല്ല സ്നേഹം എന്ന് പറയുന്നത് ധർമ്മമാണ് എനിക്കിപ്പോ ഇവിടെ വന്ന് ഈ ആറര മണിക്കിരുന്ന് ഈ സത്സംഗത്തിൽ പ്രഭാഷണം എനിക്ക് ഒരു ദിവസം നല്ല മൂട് തോന്നി അന്ന് ഞാൻ വന്നിരുന്നു മൂടില്ലെങ്കിൽ നിങ്ങളൊക്കെ വന്നു ഞാൻ വന്നതേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂടില്ല അന്ന് മൂടുണ്ടോ മൂടില്ലയോ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ ഇവിടെ വന്നിരിക്കണം ആ സമയത്ത് വന്നിരിക്കണം നിങ്ങൾ വന്നിരിക്കും ഞാൻ വന്ന് എന്തോ അവിടെ വന്ന് ഇരുന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഇഷ്ടാനിഷ്ടമൊന്നും കർമ്മത്തിനോട് സംബന്ധമല്ല ഇന്ന് രാവിലത്തെ പ്രഭാഷണം പലർക്കും അറിഞ്ഞിട്ടേണ്ടാവില്ല എനിക്കും അറിയില്ല നാളെ രാവിലെ മുതലാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്നലെ രാത്രി സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അറിയാതെ നോട്ടീസിലിട്ടുപോയി ഒരുപാട് പേര് നാളെ രാവിലെ വരും കാരണം എപ്പോഴാ വരാൻ പറ്റാന്ന് വെച്ചാൽ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് സൗകര്യപ്പെടുമ്പോൾ വന്നാൽ മതി പറഞ്ഞു പത്ത് മിനിറ്റ് പറഞ്ഞാൽ മതി ഏഴേ കാലിന് ശേഷം വന്നു പത്ത് മിനിറ്റ് പറയാമെന്ന് വെച്ചാൽ ഒന്നര മണിക്കൂർ പറഞ്ഞു അത്രയും അടുത്ത മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയില്ല നമ്മൾ കാണാം നമ്മളാണ് പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്നു പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നീയതിയാണ് ഇവിടുന്ന് അങ്ങടേക്ക് പോകുമെന്ന് എങ്കിൽ പറയാം പക്ഷെ പോണ വഴിയിൽ വീഴാം ആ കാലത്തിന്റെ ഉള്ളില് കാലസത്താ എന്ന് പറഞ്ഞ ഒന്നുണ്ട് അതിന്റെ നടുവിലുള്ള പ്രവൃത്തികളൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല എന്നൊക്കെ ഒരു കാര്യമാത്രമായിട്ട് പറയാമെന്നല്ലാതെ ഉറപ്പ് പറയാൻ പറ്റുക അതുകൊണ്ട് ധർമ്മം അറിഞ്ഞുകൊണ്ട് കർത്തൃത്വമില്ലാതെ രാഗദ്വേഷമില്ലാതെ ഇരിക്കുന്ന ആൾക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാവും അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല ചെയ്യും ഹിതം ചെയ്യും ഹിതം നോക്കിയിട്ട് ചെയ്യും കർമ്മങ്ങളൊക്കെ തന്നെ മത് അപ്പോഴാണ് മത്കർമ്മം ഭഗവത്കർമ്മം ഭഗവത്കർമ്മം എന്താ കർത്തൃത്വമില്ലാതെ ഭോക്തൃത്വമില്ലാതെ എന്ത് ചെയ്യപ്പെടുന്നു അത് ഭഗവത് പൂജയായിട്ട് തീരും ഏകാദശ സ്കന്ധത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഏകനാഥസ്വാമി മരാട്ടി ഭാഷയിൽ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു വീടൊക്കെ അടിച്ചു തെളിച്ചിട്ട് ആ കുപ്പയൊക്കെ കൊണ്ടുപോയിട്ട് പുറകുവശത്ത് കൊണ്ടുപോയിട്ട് നാരായണ എന്ന് പറഞ്ഞിട്ടാൽ നല്ല അർച്ചന ചെയ്തതിന്റെ ഫലത്തിൽ സന്തോഷമായിട്ട് ഭഗവാൻ സ്വീകരിച്ചോളുന്നതാണ് ദേവപൂജ എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ദേവപൂജയാവും പ്രൊവൈഡ് ആ ഭാവണ്ടെങ്കിൽ ഭാഗവത സമ്പ്രദായത്തിൽ അതുകൊണ്ടാണ് നാമം ജപിച്ചുകൊണ്ടേ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ നാമജപത്തിന് ഒരു ആദിയുമില്ല അന്ധവുമില്ല വിധിയുമില്ല നിഷേധവുമില്ല നാമം ജപിച്ചുകൊണ്ട് അടിച്ചു നാമം ജപിച്ചുകൊണ്ട് അടുക്കള പണിയെടുക്കാവുന്ന ഈ നാമജപത്തിന് എന്തുകൊണ്ടായി ഭാഗവത സമ്പ്രദായത്തിൽ ഇത്രയും പ്രാമുഖ്യം കൊടുത്തെന്ന് വെച്ചാൽ ഈ ഭാഗവത സമ്പ്രദായം ഉണ്ടാക്കിയവരൊക്കെ ജ്ഞാനികളാണ് അവർക്കറിയാം ഭഗവാൻ നേടിയെടുക്കേണ്ട ആളൊന്നുമല്ല നിങ്ങളുടെ മൂച്ചു പിടിച്ചിട്ടുള്ള പിടിച്ചെടുക്കേണ്ട ഒരാളൊന്നുമല്ല തലകുത്തിൽ നിന്നിട്ട് നേടിയെടുക്കേണ്ട ആളൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കഠോരമായി തപസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആളാണ് എന്നാൽ ആളുകൾ എന്ത് പറയും ഒക്കെ നമ്മൾ എന്നെയും ചെയ്യേണ്ടേ ശരി നിനക്ക് ചെയ്യണമെങ്കിൽ നാമം ജപിച്ചോ സന്തോഷമല്ലേ ജപിച്ചോളൂ ഇതിനൊരാദിയുമില്ല അന്തവുമില്ല വിധിയുമില്ല നിഷേധവുമില്ല ജപിക്കുമ്പോഴൊക്കെ ആരുടെ നാമാ ജപിക്കണത് തെലുസിരാമചിന്തനത്വം നാമമോ ത്യാഗരാജസ്വാമികളുടെ വളരെ പ്രസിദ്ധമായ ഒരു രാഗമാണ് ഒരു കീർത്തനമാണ് തെലുസിരാമചിന്തനത്വം രാമനാമത്തിനെ അറിഞ്ഞുകൊണ്ട് ജപിക്കൂ എന്നാണ് ത്യാഗരാജൻ ആ കീർത്തനത്തിൽ തെലുസിരാമചിന്തനത്വം നാമമോ ഏ മനസ്സെ രാമായണി ചപലാക്ഷിയുടെ നാമമോ രാമ എന്ന് പറയുന്നത് കാമം ജനിപ്പിക്കുന്ന ഒരു സ്ത്രീ രാമ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിളിക്കാം സ്ത്രീക്കും രാമ എന്ന അർത്ഥമുണ്ട് രാമ എന്നുള്ളത് താരക ബ്രഹ്മത്തിന്റെയും നാമമാണ് നീ അന്തര്യാമിയായ ഭഗവാനെയാണോ വിളിക്കണതെന്ന് ഗുരുമുഖമായി അറിഞ്ഞുകൊണ്ടാണ് രാമ എന്ന് വിളിക്കണതെങ്കിൽ അന്തര്യാമിയായ ഭഗവാൻ ഉണരും നിർവ്വാണ പ്രകാശിക്കും അല്ലെ ഒരു സ്ത്രീയെ വിളിക്കുകയാണെങ്കിൽ തത്വമറിഞ്ഞ ആൾക്ക് ഭഗവാൻ അന്തർയാമിയായി സിദ്ധനാണോ ഒന്നും നേടിയെടുക്കാനില്ല അതുകൊണ്ടാണോ ഭാഗവതത്തിൽ ഭക്തന്മാരുടെ ഒക്കെ സീക്രട്ട് എന്താന്ന് വെച്ചാൽ അവരൊക്കെ പറയണത് എന്താ ഭഗവാനോട് നമ്മൾ സാധാരണ ഭക്തി എന്ന് പറഞ്ഞാലേ ഈ പാട്ടെഴുത ഒരു പണിയാണിപ്പോ ആളുകൾ പാട്ടെഴുതുക കാസറ്റാക്കുക പാട്ടെഴുതാൻ ബുദ്ധിമുട്ടേയില്ല എന്താന്ന് വെച്ചാൽ പാലയമാം പാഹിമാം ദേഹി